കർത്താവ് യേശുസുവിൻ്റെ നാമത്തിലെ എല്ലാവർക്കും സ്നേഹവന്ദനും എൻ്റെ പേര് അച്ഛൻ കുഞ്ഞെന്നാണ് ഇന്ന് നിങ്ങളോട് പാരുപ്പാനായിട്ട് ദൈവനെ സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് ഞാൻ വളരെ ചുരുക്കമായിട്ട് ദൈവൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവനോട് ഇത് നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നതാണ് അത് ഞാൻ നിങ്ങളുടെ ഉത്സാഹത്തിനായിട്ടും എന്നെ ഉത്സാഹിപ്പിച്ചതായോണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഫിലിപ്പ ലോഹനെ മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതും മറന്നു മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തു വേശുവിൽ ദൈവത്തിൻ്റെ പരമപുളിയുടെ ലാക്കിലേക്ക് ഇവിടെ പൗലോ സപ്പോസലും പറയാണ് പൗലോ സപ്പോസിൻ്റെ ജീവിതത്തിൻ്റെ നമുക്കറിയാം പൗലോ സപ്പോസൽ നമുക്കൊത്തിരി കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മുടെ സഹോദരന്മാരൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട് രണ്ടുപേർ മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൽ എന്നെ പിൻഗമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് ഒന്ന് യേശു തന്നെയാണ് മറ്റൊന്ന് പൗലസാണ് ആ പൗലസ് അത് പറയുന്നത് ഈ വാക്യത്തോടുള്ള മന്ത്രത്തിലാണെന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് പൗലസ് പറയാണ് തൻ്റെ ഞാൻ എനിക്കൊരു ലക്ഷ്യമുണ്ട് അതവിടെ പറയുന്നു ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു ദൈവത്തിൻ്റെ പരമമായിട്ടുള്ള വിളി അതേക്കുറിച്ച് പൗലോസിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു നമുക്കറിയാം ഫിലിപ്പ് റോമാലേഖനത്തിൽ പൗലോസ് പൗലോസ് തന്നെയാ അത് എഴുതി വെച്ചത് നമ്മെ ദൈവം എന്തിനാണ് വിളിച്ചത് വിളിച്ചവരെ നീതികരിച്ച് നീതികരിച്ചവരെ തേജസ്കരിച്ച് ഒക്കെ ഇരിക്കുന്നത് എന്തിനാ നാം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകണം നാം അവൻ്റെ പുത്രനെ പോലെ ആകണം അതാ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിയെന്ന് പറയുന്നത് നാം അവൻ്റെ പുത്രനെ പോലെ ആകണം അത് പൗലോസ് എഴുതിയപ്പം പൗലോസ് ഒരു ലേഖനം തൻ്റെ അറിവില് കൊണ്ട് നാം മനസ്സിലാക്കി ചില കാര്യങ്ങൾ എഴുതി വെക്കുമായിരുന്നില്ല ഫിലിപ്പൻ ലേഖനത്തിൽ വന്നപ്പം പൗലോസ് പറയാണ് ആ ലക്ഷ്യം ഞാൻ മുന്നിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുന്നിൽ ഞാനിപ്പം ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നു ഞാൻ റോമാലേഖനത്തിൽ നിങ്ങൾക്ക് മുമ്പ് എഴുതിയ അല്ലെങ്കിൽ റോമാലേഖനത്തിൽ എഴുതിയ ആ കാര്യം പൗലോസ് വെറും എഴുതുമായിരുന്നില്ല തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു അതുകൊണ്ട് പൗലോസ് പറയാണ് ആ ലക്ഷ്യം എൻ്റെ ഹൃദയത്തിന് മുമ്പിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം പൗലൂസ് എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ആത്മാവിലുള്ള ദാരിദ്ര്യത്തോടെ അവന് ഓടാനായിട്ട് കഴിഞ്ഞത് പൗലൂസിനെ പോലെയുള്ളവരാൾക്ക് ആത്മാവിലുള്ള ദാരിദ്ര്യത്തോടെ ജീവിക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണോ അനേക സഭകൾ സ്ഥാപിച്ചു കർത്താവിന് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചു ഒത്തിരി അടി കൊണ്ടു നിന്ന് പരിഹസിച്ചു പരി പരിഹാസങ്ങളേറ്റു മറ്റെല്ലാ സഹോദരന്മാരെക്കാളും ബഹുദൂരം അവന് മുന്നിലാണ് അവന് ക്രിസ്തീയ ഓട്ടത്തിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും തൻ്റെ ചുറ്റുമുള്ള എല്ലാവരേക്കാളും ബഹുദൂരം മുന്നിലാണ് അങ്ങനെ ബഹുദൂരം മുന്നിലെത്തിയ തൻ്റെ ജീവിതത്തിൽ ആത്മാവിലുള്ള ദാരിദ്ര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയുമോ നമ്മൾ ഇവിടെ പൗലോസിൻ്റെ ലഹനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പൗലോസ് ആത്മാവിലുള്ള ദാരിദ്ര്യം തൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ താൻ കാത്തുസൂക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ അത് അവസാനത്തോളം കാത്തു എന്തുകൊണ്ടാണ് താൻ തന്നെ കമ്പയർ ചെയ്തത് യേശുവുമായിട്ടല്ലാതെ മറ്റാരുമായിട്ടുമല്ലായിരുന്നില്ല തൻ്റെ ലക്ഷ്യം താൻ ഫിക്സ് ചെയ്തിരുന്നത് തനത് ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ ഒന്ന് ചെയ്യുന്നുവെന്നാണ് പോലീസ് പറഞ്ഞു ഒറ്റ ഒരു കാര്യം അപ്പം നമ്മൾ ചോദിക്കും എന്താ പോലീസ് നിന്റെ ശുശ്രൂഷ നീ ഒത്തിരി സഭകൾ സ്ഥാപിച്ചല്ലോ നീ ഒത്തിരി പോലീസ് ഈ ഓട്ടത്തിൽ ഈ ഓട്ടം താൻ ഓടുമ്പം നമ്മൾ വായിച്ചാതാ നിങ്ങളും എന്നെ അനുഗമിക്കുക സിലുള്ള സഭ സ്ഥാപിക്കുമ്പോൾ അവൻ പറയുന്നത് അവരെ താൻ ഓടുന്ന ലക്ഷ്യത്തിലേക്ക് അവരുടെയും ഓട്ടത്തെ ഫിക്സ് ചെയ്യാനാണ് പോലീസ് സ്ഥാപിച്ചത് അങ്ങനെയാണ് അവൻ സഭകൾ സ്ഥാപിച്ചത് അപ്പോൾ ഞാൻ ഈ കയറുന്നു സൗന്മാർ നമുക്ക് നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൽ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പല സ്വഭാവ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം നമുക്ക് അന്നത്തെക്കാളധികം നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരിക്കാം കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരിക്കാം നമ്മുടെ ഈർഷ അന്ന് അന്നത്തെ പോലെ നമ്മൾ നമ്മൾ നമുക്ക് പലരോടും ക്ഷമിക്കാൻ കഴിയുന്നുണ്ടാകാം അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടായി കാണാം എന്നാൽ നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ നേട്ടങ്ങളിലേക്ക് നോക്കി നമ്മൾ പിൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് സഹോദരന്മാരെക്കാൾ നമ്മുടെ സഭയിൽ വരുന്ന നമ്മുടെ മറ്റ് പല സഹോദരന്മാരെക്കാളും ഒരു പല കാര്യങ്ങളും നമ്മൾ മുന്നിലായിരിക്കാം അങ്ങനെ ആ നമ്മളെ നമ്മൾ അത് ഈ കാര്യങ്ങളെ നമ്മൾ നോക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആത്മീയ ദാരിദ്ര്യം നമ്മുടെ ഹൃദയത്തിനി ചോർന്നു പോകാനായിട്ട് തുടങ്ങും നമ്മൾ മറ്റുള്ളവരെക്കാൾ ഭേദപ്പെട്ടവനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നമ്മളറിയാതെ അങ്കുരിച്ചു വരാനായിട്ട് തുടങ്ങും എന്നാൽ നമ്മുടെ നോട്ടം യേശുക്രിസ്തുവിൽ മാത്രം വെച്ചാൽ പൗലൂസ് പറഞ്ഞതുപോലെ എൻ്റെ എൻ്റെ ഒരു ലാക്ക് ഒരു ലാക്ക് എനിക്കുണ്ട് ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുതിലേക്ക് ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു നമ്മൾ ആ ലാക്ക നമ്മുടെ മുന്നുവെച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആ ലാക്ക് നമ്മുടെ മുന്നേ നമുക്കെന്നു ആത്മാവിലുള്ള ദാരിദ്ര്യത്തോടെ നമുക്ക് ജീവിക്കും ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുന്നത് ആത്മാവിലുള്ള ദാരിദ്ര്യം ഇല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നിഖടം കടന്നു വരും കാരണം ദൈവം തന്നെ നമുക്കെതിരായി വരുന്ന ഒരിടത്തേക്ക് നമ്മൾ വരാനായിട്ട് തുടങ്ങും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മറ്റാ മറ്റാരും മറ്റാളുകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ദാരിദ്ര്യം നഷ്ടപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ ഹൃദയത്തെ നീളം കടന്നു വരും നമ്മൾ മറ്റുള്ളവരെ കുനിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഞാൻ ചോദിക്കാന്ന് വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ കർത്താവിൽ വെച്ച് നമുക്ക് ഓടാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവി ക്രിസ്ത്യജീവിതത്തിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് പൗലൂസിൻ്റെ ക്രിസ്ത്യൻ ജീവിതം ആ ഓട്ടത്തിൽ ഒന്നാമത് അവനെ സഹായിച്ചത് ആത്മാവുള്ള ദാരിദ്ര്യമായിരുന്നു എനിക്കൊന്നും രണ്ടാമത് പൗലൂസിനെ സഹായിച്ച ഒരു കാര്യം തനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് യേശുവിനെ പോലെ ആകാൻ കഴിയുമെന്നുള്ള യേശുവിനെ പോലെ ആകാൻ കഴിയും വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ തോറ്റുപോകുകയോ അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പായി വീഴുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പിശാജെ എല്ലാ സമയത്തും നമ്മളവിടെ പറയുന്നത് നിനക്കിങ്ങനെയൊന്നും ആകാൻ കഴിയത്തില്ല ഏഹ് നിനക്ക് യേശുവിനെ പോലെ ആകാനൊന്നും അത് നീ ഒരു വൃതാവ് ഓട്ടത്തില്ല നീ അങ്ങനെ അങ്ങനെ നിനക്കൊരിക്കലും യേശുവിനെ പോലെ ആകാൻ നിനക്ക് കഴിയത്തില്ല ഈ പിശാജ് പല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്ന എല്ലാ സമയത്തും പിശാജ് വന്ന് നമ്മളോട് പറയുന്നത് ഇതേ മന്ത്രം തന്നെയാണോ ഏഹ് നീ വെച്ചിരിക്കും ഒരു മനുഷ്യനെ കൊണ്ടും പോസിബിളല്ല നീ ചുറ്റുപാട് നോക്കി ആരും ഇങ്ങനെ ജീവിക്കുന്നവരെ ഇത് പിശാജ് പറയും നീ അല്ലെങ്കിൽ സഭയിലേക്ക് നോക്കി ആര് ആരുണ്ട് ഇങ്ങനെ ജീവിക്കുന്നവർ അവരുടെ പല കുറവുകളും പിശാജ് നമ്മുടെ മുന്നേ കൊണ്ടു കാണിക്കും അവരൊന്നും അവരങ് ഒക്കെ ആരുമല്ല അങ്ങനെ കാലങ്ങൾ കഴിയുമ്പം നമ്മളും പിശാജിൻ്റെ ഈ ഫോഷ് വിശുദ്ധമോ ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങനെ ജീവിക്കാം ഇനി നമ്മൾ അതുകൊണ്ടെന്തോ വേണ്ടത് ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ആ കുട്ടായ്മയ്ക്കൊക്കെ പോവുക എല്ലാ ആൽമീയ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുക ജീവനുള്ളവനൊന്നൊരു പേര് നിനക്കുണ്ടായിരിക്കുക ഏഹ് എന്താ പറയുക ദൈവത്തിൻ്റെ വജനത്തിൽ പറയുന്നതുപോലെ അന്ത്യകാലത്ത് ഭക്തിയുടെ ഒരു വേഷം ഒരു ഒരു വേഷം നല്ല സഹോദരൻ നമ്മൾ ഒരുപാട് ഉത്സവത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പോലെ ജീവനുള്ളവനെന്നുള്ള പേര് നിനക്കുണ്ട് പക്ഷെ അത് മരിച്ചവനാവുന്നു അപ്പം നല്ലൊരു സഹോദരൻ എന്നുള്ളൊരു പേര് ആ സഭയിലെ വളരെ ഉത്സാഹമുള്ളൊരു സഭ ഇത് മതി എന്ന് പറഞ്ഞ് നമ്മളറിയാതെ നമ്മളറിയാതെ ഈ ഫെയ്ത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോവുക ദൈവം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമ്മളെ വിളിച്ച ആ ലക്ഷ്യം പിശാജി നമ്മളോട് പറയാം ഓ അതങ്ങനെ നനക്ക് ജീവിക്കാൻ ഒരിക്കലും പോസിബിളല്ല ഒരിക്കലും പോസിബിളല്ല നമ്മുടെ വീഴ്ചകളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ വിശ്വാസം യേശുവിനെ പോലെ ആകാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിശാജി ചോർത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് പോകും നമുക്ക് നമുക്ക് പിന്നെ ഓടാൻ കഴിയത്തില്ല നമ്മൾ പിന്നെ ഓടുന്നതുപോലെ അഭിനയിക്കുക മാത്രമേ ഉള്ളൂ എന്ന് പൗലോസ് പറയുകയാണ് അവൻ എന്നെ പിടിച്ചു പൗലസിനെ അറിയാം അവൻ എന്നെ പിടിച്ചു എന്തിനാ ഏഹ് അവനെന്നെ പിടിച്ചതുകൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് ഞാൻ ആഞ്ഞോടുകയാണ് ഏഹ് എന്ന് പറഞ്ഞാൽ എന്തോ പൗലോസിൻ അറിയാമായിരുന്നു തനിക്കിത് അച്ചീവബിളാണ് തനി ഇത് പിടിക്കാനാണ് തന്നെ വിളിച്ചത് കാരണം ഒരിക്കലും തൻ്റെ ഹൃദയത്തിൽ ഈ വിശ്വാസം നഷ്ടപ്പെട്ടില്ല അവൻ്റെ ജീവിതത്തിലും പൗലോസിൻ്റെ ജീവിതത്തിലും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൂട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാൽ പൗലോസ് എഴുന്നേറ്റെപ്പോഴും തൻ്റെ വിശ്വാസത്തെ ഏറ്റു പറയും കർത്താവ് ഞാൻ ഞാൻ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത് അവിടെ നമ്മൾ വായിക്കുന്നു ഞാൻ അവിടെ നമ്മൾ പൗലോസ് പറയുകയാണ് എൻ്റെ പന്ത്രണ്ടാം ഭാഗ്യത്തെ നമ്മൾ വായിക്കുന്നു ലഭിച്ചു കഴിയുമെന്നോ തികഞ്ഞവനാകുന്നു ഞാൻ തികഞ്ഞവനല്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒത്തിരി കുറവുകളുണ്ട് ഞാൻ ചിലപ്പം ചെല്ലത്ത് ഞാൻ എൻ്റെ ചിന്തയിൽ അല്ലെങ്കിൽ എൻ്റെ ചില കാര്യങ്ങളിൽ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ തിക തികവു ഞാൻ കാണുന്നില്ല ഏ തികവ് ഞാൻ കാണുന്നില്ല പോലീസ് പറയാം ഞാൻ തിക ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായൊന്നും അല്ല സൗരമാനെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കാണും നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന പാപത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ നമ്മൾ തെന്നി വീഴുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും പോലീസ് തികഞ്ഞവനായെന്നോ ഏഹ് ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായോ ഒന്നുമല്ല ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു എന്നെ ഈ കാര്യ ഈ ലക്ഷ്യത്തിലേക്ക് വരാനായിട്ട് കർത്താവ് എന്നെ പിടിച്ചു അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ യേശു എന്നെ പിടിച്ചു എന്തിനാ ഞാൻ ഈ ലക്ഷ്യത്തിൽ എത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു സൗഹൃദ നമ്മൾ നമുക്ക് ഈ ഓട്ടത്തിൽ നമുക്ക് വളരെ പരമപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമുക്ക് അവനെ പോലെ ആകാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്ക് അവനെ പോലെ അവൻ എനിക്ക് കാരണം നീ എന്നെ പിടിച്ചിരിക്കുന്നത് എന്തിനാ നിന്നെ പോലെ ആക്കാനായിട്ട് നിന്നെ പോലെ ആക്കാനാണ് നീ എന്നെ പിടിച്ചത് അതുകൊണ്ട് ഞാനും അത് ആ ലക്ഷ്യത്തിലേക്ക് ഞാനും ഓടുകയാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ ഈ ഓട്ടത്തിൽ തടയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറി വന്ന പല നല്ല ഗുണങ്ങളും പലപ്പോഴും നമ്മളെ യേശു ക്രിസ്തുവിനോട് ഈ പരമവിളിയുടെ ലാക്കിലേക്കുള്ള ഓട്ടത്തിൽ നമ്മളെ തടയുകയാണ് നമ്മൾ നല്ല നല്ല നല്ല നല്ല പല പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ നേടിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ നേടിയിട്ടുള്ള ഇങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ നമുക്ക് നേടിയിട്ടുള്ള നല്ല ഈ കാര്യങ്ങളെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് നമ്മൾ നേടിയിട്ടുള്ള നല്ല ഗുണങ്ങളെ എന്തു ചെയ്യണം അത് നമ്മൾ പിന്നിലെറിയണം അതിനെ നമ്മൾ മറന്നു കളയണം അതിൽ നമ്മൾ സന്തോഷിക്കരുത് അതിലേക്ക് നോക്കി നമ്മൾ ആ ഏ ആ ഞാനിപ്പോൾ എത്ര ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തേക്കാൾ എൻ്റെ ജീവിതത്തിൽ പല നല്ല ഗുണങ്ങളും ഉണ്ട് എന്ന് നമ്മളെ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ കാര്യം നമ്മൾ പുറകിലെറിയണം നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ ഒരു ഒറ്റ ലക്ഷ്യം പോലീസ് പറഞ്ഞ് ഞാൻ ഒന്ന് ചെയ്യുന്നു ഒന്ന് പോലീസ് അവിടെ നമ്മൾ മുന്നേ വായിക്കുന്നുണ്ട് ഞാൻ ഒക്കെ ഉപേക്ഷിച്ച് ചവർന്നുണ്ടെന്ന് ഏത് കാര്യമാണ് ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം എബ്രാ പഴയ നിയമത്തിൻ്റെ തനിക്കുണ്ടായിരുന്ന ശ്രേഷ്ഠതകൾ ഇത് ഞാൻ ഉപേക്ഷിച്ച് മാത്രമേ ഇതിനെ ഇതിലേക്കുള്ള എൻ്റെ കണ്ണ് മാറ്റിയിട്ട് ഞാൻ കർത്താവെന്നുള്ള ഏകലക്ഷ്യത്തിലേക്ക് എന്നെ തന്നെ ഫിക്സ് ചെയ്യുന്നില്ലെങ്കിൽ ഇതെന്നെ വഞ്ചിച്ച് കഴിയും എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല സ്വഭാവങ്ങൾ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ എൻ്റെ ആത്മീയമായിട്ടുള്ള എൻ്റെ എൻ്റെ എൻ്റെ ക്വാളിറ്റീസ് എന്നെ ദൈവത്തിൽ ആ പരമപിളിയുടെ ഓട്ടത്തിൽ നിന്ന് തന്നെ തടയാൻ കഴിയും ഇത് നമ്മൾ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ നേടിയതിനെയൊക്കെ നമുക്ക് മറന്നിട്ട് നമ്മുടെ മുന്നിലേക്ക് ഏ മുന്നിൽ ദൈവം വെച്ചിട്ടുള്ള ആ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം ഏഹ് നമ്മുടെ നമ്മുടെ ഫൗലോസ് പറയുകയാണ് ഏഹ് എൻ്റെ സ്വന്തം നീതി ഏഹ് ഞാൻ ഉപേക്ഷിച്ച് ഫൗലോസ് അവിടെ പറയുന്നുണ്ട് എൻ്റെ അവിടെ നമ്മൾ വായിക്കുന്നു ഒമ്പതാമത്തെ വാക്യം അവിടെ വായിക്കുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതി അല്ല ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അങ്ങനെ പൗലോസ് ആ കാര്യങ്ങൾ അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് പതിനൊന്നാം വാക്യം വായിക്കുമ്പം ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്നുണ്ടുന്നു സൗന്മാർ നമ്മുടെ സ്വന്തം നീതി നമ്മെ ഈ ഓട്ടത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം നീതി അത് നമ്മളെ പ്രൗഡിലേക്ക് നമ്മൾ നീളത്തിലേക്ക് മറ്റുള്ളവരെ കുനിഞ്ഞു നോക്കുന്ന ഇടത്തേക്ക് നമ്മൾ ഭേദപ്പെട്ട ആളാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മളെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ സ്വന്തമായിട്ടുള്ള എല്ലാ നീതികളും ദൈവം നമുക്ക് അത് ആ നീതികളൊക്കെ ദൈവം തന്നെ നമുക്ക് തന്നി നൽകി തന്നതുള്ളതാണ് നമ്മുടെ കോപത്തിന്മേലുള്ള ജയം നമ്മൾ ദൈവഗ്രഹം ജഡമുഖങ്ങളെ ജയിക്കാനുള്ള കൃപ ഇന്നിങ്ങനെയുള്ള കുറച്ച് ഒരു ഒരു ചെറിയ പരിധിയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ജയങ്ങൾ പിഷാജ് വന്നിട്ട് അത് നമ്മളെ കാണിക്കും നോക്ക് നീ മറ്റുള്ളവരെക്കാളൊക്കെ മെച്ച മെച്ചപ്പെട്ടവനല്ലേ നോക്ക് മറ്റുള്ളവരെക്കാളൊക്കെ ഈ മേഖലകളിലൊക്കെ നീ നീ മുന്നോട്ട് വന്നിട്ടില്ലേ ഏ എന്നു പറഞ്ഞ് നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം ഏ കാണുകയാണ് നമ്മുടെ സൗന്ദര്യം ഞാൻ ഞാൻ മെച്ചപ്പെട്ട ഒരാളാണ് അത് നമ്മുടെ ഉള്ളിൽ നീളം കൊണ്ടുവരും മറ്റുള്ളവരെ ചെറിയവരായിട്ട് കുനിഞ്ഞു നോക്കാനായിട്ട് നമ്മൾ സഹായിക്കും അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൽ നമുക്ക് ഒരു നമുക്ക് നമ്മുടെ എല്ലാ സ്വന്തം നീതിയും നാം ചവർന്നുണ്ടണം ഇതുവരെ നമ്മൾ പ്രാപിച്ചിട്ടുള്ള നീതികളൊക്കെ നമ്മൾ അതിനെ യേശു കുസുവിൻ്റെ നീതി അത് ഇനിയും ഞാൻ അച്ചീവ് ചെയ്യേണ്ട വളരെ ഹയറായിട്ടുള്ള ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു കാര്യമാണ് യേശു കുസുവിൻ്റെ നീതി എന്ന് പറഞ്ഞു ഞാൻ അവിടെ അതിൽ നിന്ന് ഞാൻ വളരെ ഷോർട്ടാണ് എൻ്റെ ലക്ഷ്യം ഞാൻ നേടിയതിനെ അല്ല ഇനി എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള ഇനി എനിക്ക് ഇനിയും എനിക്ക് യേശു കുസുവിൻ്റെ സ്വഭാവത്തുനിന്ന് കുറവായിരിക്കുന്നതിനെ എനിക്ക് കണ്ടെത്തുവാനായിട്ട് എനിക്ക് എനിക്ക് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ വരും നമ്മുടെ ഹൃദയത്തിലൊരു ഒരു ഒരു ഒരു പൗലീസ് പറയുന്നുണ്ടെങ്കിൽ ഒരുന്തീർ കഴിയുമ്പം നിങ്ങൾ അല്പം കൊണ്ട് തൃപ്തരായി ഏഹ് നമ്മൾ അവരുടെ ജീവിതത്തിൽ ചില കൃപാപരങ്ങളും ഒക്കെ ഉണ്ടായപ്പം അവർ ആ കൊച്ചു കാര്യങ്ങളിലൊക്കെ തൃപ്തരായി സംഭവിച്ചതെന്നാ അവർ വളരെ കീഴോട്ട് വളരെ പെട്ടെന്ന് വീഴാനായിട്ട് തുടങ്ങി നമുക്കറിയാം അവിടെ എന്തൊക്കെ അവരെക്കുറിച്ച് വായിക്കുന്നത് എന്തോ അവരുടെ ഹൃദയം എന്തോ സത്യത്തിൽ അവർക്ക് സംഭവിച്ചത് അവർക്ക് അല്പം കിട്ടിയപ്പം അല്പത്തിൽ അവർ തൃപ്തരായി തീർന്നു അതിലൊരു അതിനകത്തൊരു സന്തോഷം അവരുടെ ഹൃദയത്തിൽ സൗന്മാരെ നമ്മൾ ക്രിസ്ത്യജീവിതത്തിൽ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മീയ സമ്പന്നത നമ്മുടെ ഹൃദയത്തിൽ വരാതെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ നമ്മളെ നമ്മളെ അതുകൊണ്ട് കർത്താവിലുള്ള ഉറപ്പോ വിശ്വാസമോ കത്താവ് നമ്മളെ പിടിച്ചിട്ടുള്ള പൊതുവോ കർത്താവിനെ നീതീകരിച്ചിട്ടുള്ള ഉണ്ടെന്നുള്ള ചിന്തയോ ഒന്നും വിട്ടുകളയാനല്ല ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ആവശ്യമാണ് പൗലീസ് പറഞ്ഞത് കർത്താവ് എന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ് അവൻ്റെ ജീവിതത്തിൽ ശക്തമായിരുന്നു അത് പലൂസ് പറഞ്ഞു കർത്താവ് എന്നെ പിടിച്ചിരിക്കുന്നു അത് വളരെ ശക്തമാണ് അത് അത് നൂറ് ഉറപ്പുള്ള ഒരു കാര്യമാണ് കർത്താവ് പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഓൺ സ്വന്തം നീതിയിലേക്ക് നമ്മുടെ ഹൃദയം വരുമ്പം നമ്മളെ അത് നാശത്തിലേക്ക് തള്ളിയിടാനായിട്ട് നമ്മളെ കഴിയും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ സഭയിലുള്ള മറ്റൊരാളുമായിട്ടും നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യരുത് നമ്മള് വെളിപാട് പുസ്തകത്തിൽ വരുമ്പം അവിടെ ഒരു സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടോ നമുക്കറിയാമല്ലോ നമുക്കെല്ലാം സുപരിചിതമായ ഭാഗമാണ് അവർ പറയുന്നു ഞങ്ങൾ സമ്പന്നർ ഞങ്ങൾക്കൊന്നിനും കുറവില്ല എന്തോ യഥാർത്ഥത്തിൽ അവർ വളരെ എന്താ പറയുന്നത് വളരെ അരിഷ്ടമായിട്ടുള്ള അവസ്ഥയിൽ കുരുടനും നഗ്നനും ഏഹ് നമുക്കറിയാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കുമ്പം അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സമ്പന്നത കടന്നു വന്നു ഏഹ് കർത്താവ് നോക്കി അവിടെ അവിടെ അവർ പറയുന്നത് ഞങ്ങൾ സമ്പന്നത ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല കാരണം എന്തുകൊണ്ടോ അവര് യേശുവുമായിട്ട് കാരണം യേശുവിനെ അവർ പുറത്താക്കി അവിടെ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സഭയുടെ വെളിയിലാണ് യേശു നിൽക്കുന്നത് യേശുവുമായിട്ടുള്ള കമ്പാരിഷൻ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല യേശുവുമായിട്ടുള്ള കമ്പാരിഷൻ ഇല്ല അവർ തമ്മിൽ തമ്മിലും അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള മറ്റു സഭകളെ എങ്ങനെ എങ്ങനെയാണത് വന്നത് അവരുടെ ഹൃദയത്തിൽ ഒരു തൃപ്തി വന്നു സൗന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ തൃപ്തി വന്നിട്ട് അവർക്ക് പറ്റിയ വലിയ അപകടം നമ്മളൊരു ഡെസെപ്ഷനിലേക്ക് പോവും നമ്മൾ ദൈവം തന്നെ നമ്മൾ നമ്മളെ ഡിസീവ് ചെയ്യാനായിട്ട് അനുവദിക്കും നമ്മൾ ആ തൃപ്തിയിലേക്ക് വന്നു നമ്മൾ കർത്താവിനെ കമ്പയർ ചെയ്യുന്നത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മറ്റുള്ളവരുമായിട്ടുമായിരിക്കും നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമ്മളെക്കാളും അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള അല്ലെങ്കിൽ മറ്റ് മറ്റിടങ്ങളിലുള്ള നമ്മളെക്കാളും താണ ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയും നമ്മളൊരു തൃപ്തിയിലേക്ക് വരികയും അതാണ് ആ സഭയിൽ സംഭവിച്ചത് അവർക്ക് ആ തൃപ്തി ഞങ്ങൾ സമ്പന്നരാണ് എന്നുള്ള ചിന്ത അവരെ വന്നത് അവർ ഏഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും പൗലസാ തന്റെ ജീവിതത്തിൻ്റെ അവസാനം വന്നപ്പോഴും പറഞ്ഞു ഞാൻ ആ ഭാവി ഉള്ള ഒന്നവനാണ് എന്തുകൊണ്ടാണ് അവൻ യേശുവുമായിട്ട് തന്നെ തന്നെ എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ മരണത്തിലേക്ക് അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു ഒരു രണ്ട് വശങ്ങളാണ് ആ മരണത്തിലേക്കടുത്ത് ഞാൻ നല്ല ഓട്ടം ഓടി വിശ്വാസം കാത്തു നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു ഈ ഓട്ടത്തിൽ നമ്മൾ ഓടുന്നെങ്കിൽ ഈ ഓട്ടത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ നമ്മളൊരു ഒരു അരിഷ്ടിതമായിട്ടുള്ള നിലയിലല്ലേ ഈ ഓട്ടം ഓടുന്നത് നമ്മൾ ഒരു ഹോപ്പില്ലാത്ത നിലയിലേക്കല്ല കർത്താവ് എന്നെ പിടിച്ചിരിക്കുന്നു ഇത് ഈ ലക്ഷ്യം എനിക്ക് പ്രാപ്തിയാണ് ഏ എന്നാലേ അതേ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഈ ഓട്ടത്തെക്കുറിച്ചുള്ള ബോധ്യം നല്ല ബോധ്യമുണ്ട് പല ദിവസം അതുകൊണ്ട് അവസാനം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഞാൻ ഭാവിയാണ് ഇനി എനിക്ക് ഞാൻ ഇപ്പം ഞാൻ എൻ്റെ മരണം അടുത്തിരിക്കുകയാണ് ഞാനെ മരിക്കാൻ പോവുകയാണ് എനിക്ക് ഒരു ഹോപ്പും ഇല്ല പല ദിവസം അവിടെ ഞാൻ എൻ്റെ ഓട്ടം ഓടി വിശ്വാസം കാത്തു എന്നെ എന്നെ ദൈവം ഞാനിനി ഞാനിപ്പം ഈ ലോകം വിട്ട് പോകാനായിട്ട് പോവുകയാണ് എനിക്ക് നീതിയുടെ കിരീടം ദൈവം വെച്ചിട്ടുണ്ട് അത് അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സംശയവുമല്ല ആ കാര്യത്തിൽ ഏഹ് സവന്മാര് നമുക്ക് നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൻ്റെ അവസാന നിമിഷം ഇന്ന് ലോകത്ത് കടന്നു പോകുന്ന അനേകർ ആ ജീവിതത്തിൻ്റെ അവസാനം എത്തുമ്പോൾ തിരിഞ്ഞു നിന്ന് ആളുകളോട് പറയുന്നത് എനിക്ക് ഓട്ടം ഓടാൻ കഴിഞ്ഞില്ല ഞാൻ ദൈവം ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം എനിക്ക് ജീവിക്കാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ നിങ്ങൾ പുറകിലുള്ള തൻ്റെ മക്കളോടോ ഒക്കെ അവർക്ക് സുബോധമുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഈ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അനേകർ ഇന്ന് ലൈൻ ലൈനായിട്ട് നിന്ന് പറഞ്ഞോട്ട് പോവുകയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ച പോലെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെങ്കിലും അങ്ങനെ ജീവിക്കണേ എനിക്കിത് എനിക്കോ ഇത് പിടിക്കാൻ കഴിഞ്ഞില്ല പൗരസ് അങ്ങനെ അല്ല തൻ്റെ പിന്നിലുള്ളവരെ നോക്കി പറയുന്നത് അവരോട് പറയാണ് നിങ്ങൾക്കും ഇത് പ്രാപിക്കാം സവന്മാര് നമുക്ക് ഈ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്ത് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയണം ഞാൻ വിശ്വാസം ഞാൻ ഓട്ടം ഓടി വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചു അത് എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും എന്നൊന്നു പറഞ്ഞാൽ അവനവൻ്റെ പിന്നിലുള്ളവരെ നോക്കിയിട്ട് പറയാണ് ഞാൻ ഈ ഓട്ടം ഓടി തകച്ചു ഈ കിരീടം എനിക്ക് പൗലസെ ഫിലിപ്പലേഹനം നമ്മൾ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം അധ്യായത്തിൽ വായിച്ചതുപോലെ ഏഹ് പരമവിളിയുടെ വിരുദ് ആ വിരുത് പൗലസ് പറഞ്ഞു ഈ വിരുദ് ഞാനിപ്പോൾ പ്രാപിച്ചു ആരാ ആത്മാവിലുള്ള താഴ്മയോടെ ആത്മാവിലുള്ള ദാരിദ്ര്യത്തോടെ തൻ്റെ ജീവിതം മുഴുവനും ഓടിത്തീർത്തു ഒരു ഭക്തൻ പറയാണ് ഈ വിരുദ് ഞാൻ പ്രാപിച്ചു ഏ വിത് പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ പൗലസ് അവിടെ പറയുന്നത് ഞാൻ തകഞ്ഞവനായിട്ടില്ല എനിക്കും പിടിക്കാമോ എന്ന് വെച്ചു ഓടുകയാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എത്ര റിച്ചായിട്ടുള്ളൊരു അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം ഏതാണെന്ന് പക്ഷേ ഈ താഴ്മയോടെ ഈ വിനയത്തോടെ ഈ ആത്മാവിനുള്ള ദാരിദ്ര്യത്തോടെ കർത്താവ് ഞാൻ അങ്ങയെപ്പോലെ ആകാനുള്ള ദാഹത്തോടെ ഞാൻ ഓടുന്നെങ്കിൽ ഓടുന്നെങ്കിൽ കർത്താവ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ നാം ഈ ഓട്ടത്തിലാണെങ്കിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ദൈവം താനിരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും നമ്മൾ ദൈവം അവനെ പോലെ ആകും നമ്മൾ ഈ ഓട്ടത്തിലാണെങ്കിൽ ഈ ദാരിദ്ര്യമുള്ള നമ്മളൊരിക്കലും നമ്മളെ തന്നെ കമ്പയർ ചെയ്യുകയോ നമ്മുടെ ജീവിതത്തിലെ സ്വന്തം രീതിയിലേക്ക് നമ്മൾ തിരിഞ്ഞ് നിൽക്കുകയോ ചെയ്യാതെ നമുക്ക് ജീവിതം ജീവിക്കാൻ കഴിയും ഞാൻ എല്ലാ സഹോദരി സ്വഹന്മാരെയും ഞാനതിനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച മുഴുവനും ഇതായിരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകരുതേ നമ്മൾ ദൈവം സഭയിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകരുത് മറഞ്ഞിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ ജീവിതത്തിൽ കർത്താവനെ നിന്നെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി എനിക്ക് നിന്റെ മുമ്പ് മാത്രം ജീവിച്ചാൽ മതി കർത്താവെ എനിക്ക് അങ്ങനെ തന്നെയാണ് പ്രസാദിപ്പിക്കട്ടുള്ളത് ഞാൻ വാസ്തവത്തിൽ അത് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം പ്രസാദിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ജീവിതം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും ഞാനതിനായിട്ട് എല്ലാ സൗകര്യമായി ഉത്ഭവിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ